കപടവിശ്വാസികളും കപടവിശ്വാസിനികളും ഒരേ വർഗത്തിൽപ്പെട്ടവരാണ് അവർ തിന്മ കൽപ്പിക്കുകയും നന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ കൈകൾ കെട്ടിയിടുകയും ദാനം നൽകാതിരിക്കുകയും ചെയ്യുന്നു അവർ അള്ളാഹുസുബാനഹൂവ താലയെ മറന്നു അതിനാൽ അവൻ അവരെയും മറന്നു തീർച്ചയായും കപടവിശ്വാസികളാണ് അധർമ്മകാരികൾ